രെ നമുക്ക് ഇന്ന് ബൈബിൾ സ്റ്റഡി ആയിക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ നിന്നാണല്ലോ ചിന്തിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ കർത്താവായി യേശു ക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ഉപമ പറയുകയാണ് പ്രാർത്ഥനയെക്കുറിച്ച് ഉപമ പറയുമ്പോൾ അതിന് കർത്താവ് പറയുന്ന കാര്യം ഒരു വിധവെയാണ് കർത്താവ് അതിനൊരു നമ്മുടെ നമ്മളെ പ്രതിദാനം ചെയ്യാനായി അല്ലെങ്കിൽ വിശ്വാസികളെ പ്രതിദാനം ചെയ്യാനായി ഒരു വിധവെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിധവയെ നമ്മുടെ പ്രതീകമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ആ ഉപമ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർക്കുക കർത്താവായ യേശു വിശ്വാസികളെ കുറിച്ച് അവരെ പ്രതിദാനം ചെയ്ത് പറയുന്ന പല രംഗങ്ങളിലും ഒന്നുകിലെ വിധവയെക്കുറിച്ച് പറയും അല്ലെങ്കിൽ ഒരു ശിശുവിനെക്കുറിച്ച് പറയും അല്ലെങ്കിൽ ഒരു ആടിനെക്കുറിച്ച് പറയും ഈ വിധവയാണെങ്കിലും ശിശുവാണെങ്കിലും ആടാണെങ്കിലും ഈ മൂന്ന് എണ്ണത്തെ കർത്താവ് ആ നിലയിലൊരു പ്രതീകം പോലെ പലയിടത്തായിട്ട് ഉപയോഗിക്കുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രത്യേകതകൾ എന്താണ് മൂന്നും വളരെ മറ്റെങ്ങും ആശ്രയമില്ലാത്ത ആളുകളെ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു ശിശുവാണെങ്കിൽ അതിന് മറ്റൊന്നും ആശ്രയമില്ല ഒരു വിധവയാണെങ്കിൽ അവൾക്ക് അവളെ സഹായിപ്പാനായിട്ട് ആരുമില്ല അല്ലെങ്കിൽ നമ്മൾ ആടിനെയാണെങ്കിൽ ആടും തന്നെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആ നിലയിൽ കഴിവുള്ള ഒരു ജീവിയല്ല ഇടേനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിയായിട്ടാണ് നമ്മൾ ആടിനെ മനസ്സിലാക്കുന്നത് വേഗത്തിൽ വഴിതെറ്റിപ്പോകുന്ന ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വിശ്വാസികളെ എപ്പോഴും കർത്താവ് ഉപമിച്ചിരിക്കുന്നത് ഒന്നുകിൽ വിധവയോട് അല്ലെങ്കിൽ ഒരു ശിശുവിനോട് അല്ലെങ്കിൽ ഒരു ആടിനോട് എന്ന് പറയുമ്പോൾ അത് വിരലി ചൂണ്ടുന്ന കാര്യമെന്താ നമുക്ക് മറ്റെങ്ങും ഈ ലോകത്തില് മറ്റെങ്ങും ഒരു അഭയമില്ല ദൈവത്തിൽ മാത്രം അഭയമുള്ളവരായിട്ട് നമ്മളായിരിക്കണം ആടിന് ഇടയനിൽ മാത്രമാണ് അഭയമുള്ളത് വിധവയ്ക്ക് ആ നിലയില് വേറെങ്ങും അഭയമില്ല അവൾക്ക് അന്ന് ആശ്രയിക്കാനായിട്ട് ഈ ഉപമയിൽ കാണുന്നതൊരു ന്യായാധിപനാണ് അല്ലെങ്കിൽ ഒരു ശിശുവിന് മറ്റാരും സഹായമായിട്ടില്ല ശിശുവിന് അതിൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അമ്മ മാത്രമോ ആണ് ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കർത്താവ് വിധവയോടോ അല്ലെങ്കിൽ ഒരു ശിശുവിനോടോ ഒരു ആടിനോടോ ഒക്കെ ചേർത്ത് പറയുമ്പോൾ അതിൽ നമ്മൾ എടുക്കേണ്ട ഒരു സൂചന നമ്മൾ മറ്റെങ്ങും നമ്മുടേതായിട്ടുള്ള ബലങ്ങളില്ലാത്തവരായിട്ട് നമ്മൾ നിസ്സഹായരായിട്ട് കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നവരായിട്ട് നമ്മളായിരിക്കണം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഉപമയും ഇതേ കാര്യത്തിൽ തന്നെ ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു ഉപമയാണ് ഒരു പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു എന്നാൽ അവൾക്കൊരു പ്രതിയോഗി ഉണ്ടായിരുന്നു ആ പ്രതിയോഗി അവളെ നിരന്തരം ഉപദ്രവിച്ചു അപ്പോൾ ഈ വിധവയ്ക്ക് ഈ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി തന്നെ രക്ഷിക്കണേ എന്ന് പറയാനാരുമില്ല അവൾ അതുകൊണ്ട് ചെന്ന് പട്ടണത്തിലെ ന്യായാധിപനോട് തൻ്റെ പരാതി പറഞ്ഞു പക്ഷേ ഈ പട്ടണത്തിലെ ന്യായാധിപൻ ഒരു പ്രത്യേക തരക്കാരനായിരുന്നു അയാളെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇവിടെ പറയുന്നത് താന് ദൈവത്തെ ഭയമോ മനുഷ്യനെ ശങ്കയോ ഇല്ലാത്ത ഒരു ന്യായാധിപൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ വാക്യം നോക്കുക ആരെയും ഒരു വിലയില്ലാത്ത ഒരാളാണ് ന്യായാധിപൻ അതുകൊണ്ട് ഈ വിധവയുടെ കാര്യം നടത്തി കൊടുക്കാൻ അയാൾക്ക് സ്വാഭാവികമായിട്ട് അയാളുടെ നീതിബോധമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഈ വിധവ നിരന്തരം ചെന്ന് അയാളെ ശല്യപ്പെടുത്തിയത് അയാൾ ഒടുവിൽ അവളെ രക്ഷിച്ചു അവൾക്ക് ആ പ്രതിക്രിയ നടത്തി രക്ഷിച്ചു എന്നാണ് പറഞ്ഞത് എന്നിട്ട് അതിനോട് ചേർത്ത് പറയുന്നു ഈ അനീതിയുള്ള ന്യായാധിപൻ പോലും ഈ നിലയിൽ നിരന്തരം ചെന്ന് ബുദ്ധിമുട്ടിച്ച ആ വിധവയെ സഹായിച്ചെങ്കിൽ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ പ്രിയപ്പെട്ടവര് നമ്മൾക്ക് വളരെ വേഗത്തിൽ ഈ ഉപമയിൽ നിന്ന് ചില കാര്യങ്ങൾ നോക്കിയാൽ നമ്മളിന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ ഈ വിധവയെപ്പോലെയാണ് നമുക്ക് ഒരു നമുക്ക് വേണ്ടി എന്തെങ്കിലും ന്യായം പാലിച്ച് തരാൻ ഈ ലോകത്ത് ആരുമില്ല നമുക്കെപ്പോഴും ചെന്ന് ആശ്രയിപ്പാൻ ഒരാളേ ഉള്ളൂ പ്രാർത്ഥിപ്പാൻ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിനൊരു ഉപമയായിട്ട് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഉപമയിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു പാഠം നമ്മൾ ഇന്ന് എന്തുവേണം ഈ വിധവയെപ്പോലെ പിതവ ന്യായാധിപൻ്റെ അടുത്ത് നിരന്തരം ചെയ് ചെന്നതുപോലെ നമ്മൾ മടുത്തു പോകാതെ നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരം ചെല്ലണം ഒന്നത്തെ അസ്ലോനിക്കർ അഞ്ചിൻ്റെ പതിനാറിൽ പറയുന്നുണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട് ഫിലിപ്പിയർ നാലിൻ്റെ ആറില് പറയുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുകയാണ് വേണ്ടത് അപ്പം നമുക്ക് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് മറ്റെങ്ങോ അഭയം ഇല്ലെങ്കിലും നിങ്ങൾക്ക് അഭയമായിട്ട് ഞാനുണ്ട് നിങ്ങൾ മടുത്തു ഒരിക്കൽ വന്നു പറഞ്ഞു പ്രാർത്ഥിച്ചു കാര്യം നടന്നില്ല എന്ന് വിചാരിച്ച് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം അങ്ങനെ പറയുമ്പോൾ എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനൊക്കുമോ ഇവിടെ ഇതാ ഇതൊരു മനോഭാവമാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മറ്റെങ്ങോ ആശ്രയമില്ലാത്തൊരു വിധവയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മനോഭാവമാണ് പ്രാർത്ഥനയെന്ന് പറയുന്ന ഒരു ആശ്രയത്വത്തെയാണല്ലോ കാണിക്കുന്നത് നമ്മൾ ദൈവത്തിൽ ആശ്രയമുള്ളവരായിട്ട് നമുക്കറിയില്ല എങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് ഈ രംഗത്ത് മുന്നോട്ട് പോകേണ്ടതെന്ന് നമുക്കറിഞ്ഞുകൂടാ ആ ഒരു നിസ്സഹായത അത് വിശ്വാസിക്കുണ്ടായിരിക്കണം വിശ്വാസിക്ക് തന്നിൽ തന്നെ ഒരു ബലമുണ്ടാകരുത് തന്നിൽ തന്നെ ഒരു നിറവുണ്ടാകരുത് ദൈവത്തിലായിരിക്കണം നമ്മുടെ ആ നിസഹായതയോടെ എല്ലാ നേരവും ഉള്ള ഒരു ആശ്രയം ആ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വാക്കുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിട്ട് ദൈവം കണക്കാക്കും അതുപോലെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇവൾക്കൊരു പ്രതിയോഗി ഈ വിധവയ്ക്കൊരു പ്രതിയോഗി ഉണ്ടായിരുന്നു നമ്മൾ ചിലപ്പോൾ നമ്മളിന്ന് ഭൂമിയിലായിരിക്കുന്നു ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കും ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചില ആളുകളുണ്ടായിരിക്കും അത് ഒരു പക്ഷെ നമ്മളെ ശല്യപ്പെടുത്തുന്ന ഒരയൽക്കാരനായിരിക്കാം അല്ലെങ്കിൽ നമുക്കെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്ന ഒരു ബന്ധുവായിരിക്കാം ഇവരെയല്ല നമ്മൾ പ്രതിയോഗിയായിട്ട് കാണേണ്ടത് ഇവരെ ഉപയോഗിച്ച് ആ നിലയിൽ നമുക്കെതിരെ പോരാടുന്ന ഒരു പ്രതിയോഗിയേ നമുക്കുള്ളൂ അതാരാണ് അത് പിശാചാണ് ഈ കാര്യം നമ്മൾ തിരിച്ചറിയണം അല്ലാതെ നമുക്ക് ഈ ലോകത്ത് ഒരു ജഡരക്തങ്ങളോടും നമുക്ക് പോരാട്ടമില്ല ജഡരക്തങ്ങളോടൊന്നും നമുക്ക് പോരാട്ടമില്ല അവരെയൊക്കെ നമുക്കെതിരെ ഉപയോഗിക്കുന്നത് പിശാചാണ് അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് നമ്മുടെ അയൽക്കാരനെ എതിരെയോ നമ്മുടെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ബന്ധുവിനെതിരെയോ അവർക്കെതിരെയല്ല പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് അവരെയൊക്കെ ഉപകരണമായിട്ടെടുത്ത് നമുക്കെതിരെ പോരാടുന്ന ആ പൈശാചീയമായ ആ ഒരു ആ ശക്തിക്കെതിരെയാണ് നമ്മൾ നിരന്തരം ദൈവത്തോട് ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ ആവശ്യപ്പെടേണ്ടതും അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഒരളവിൽ നമ്മുടെ ഒരു അർഹതയുടെ അടിസ്ഥാനത്തിലല്ല കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നത് ഈ വിധവയ്ക്ക് ഒരു അർഹതയും പറയാനില്ല അവളൊരു വിധവയാണ് ആരുമില്ല നിസ്സഹായത മാത്രമേ അവൾക്ക് കൈമുതലായിട്ടുള്ളൂ നമുക്കും നമ്മൾ വളരെ വിശുദ്ധരായതുകൊണ്ട് കർത്താവെ എനിക്ക് ഈ കാര്യം ചെയ്തു തരണം ഞാൻ നിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നത് കൊണ്ട് നീ എനിക്കിത് ചെയ്തു തരണം എന്നിങ്ങനെയുള്ള ഒരു അർഹതയുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലേണ്ടത് മറിച്ച് നമ്മൾ ദൈവത്തിൽ ഉള്ള ഒരു ആശ്രയത്വമനോഭാവത്തോടെ ചെല്ലുകയാണ് വേണ്ടത് കാര്യവും നമ്മൾ ഇവിടെ ഓർത്തിരിക്കണം അതുപോലെ നമ്മൾ ഈ നിസ്സഹായത നമുക്ക് കൈമുതലായിട്ടുള്ളപ്പോൾ നമ്മുടെ ഒരു അർഹതയുടെ അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് ചെല്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ധൈര്യത്തോടെ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാം എഫ് ലേഖനം മൂന്നിൻ്റെ പന്ത്രണ്ട് അങ്ങനെയാണ് പറയുന്നത് അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട് എബ്രായർ നാലിൻ്റെ പതിനാറും അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ പിതാവാണ് അവിടുന്ന് നമ്മളെ സഹായിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടാതെ ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിലും നമ്മൾ ദൈവസന്നിധിയിലുള്ള ആ ധൈര്യത്തോടെ നിരന്തരം ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം അതാണ് വേണ്ടത് ഇവിടെ പറയുന്നത് അതുപോലെ ഈ ഈ ഉപമ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ പത്ര എട്ടാമത്തെ വാക്യത്തിലെ കർത്താവ് പറയുന്നു എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഈ നിലയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം കർത്താവ് വരുമ്പോൾ കർത്താവ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഏതിനെയാണ് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകും എന്നാൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടരുത് ഇന്നത്തെ ഈ കാലഘട്ടം കർത്താവിൻ്റെ വരവിനെ വളരെ വിളിച്ചറിയിക്കുമ്പോൾ നമ്മളെന്താ വേണ്ടത് നമ്മൾ കൂടുതൽ വിശ്വാസത്തോടെ ധൈര്യത്തോടെ കർത്താവിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് അവസാന കാലത്ത് പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകും മത്തായി ഇരുപത്തിനാലിൻ്റെ പന്ത്രണ്ടീ കർത്താവ് പറയുന്നു അധർമ്മം പെരുകുന്നുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോവും എന്നാൽ നമ്മളെന്താ വേണ്ടത് നമ്മളീ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം യൂതയുടെ ലേഖനത്തിൽ ഇരുപത്തൊന്നാമത്തെ വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത് നമ്മൾ ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിച്ച് സ്നേഹത്തോടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയുക നമുക്ക് ഈ ലോകത്ത് ഒരു പ്രതിയോഗി അതുപോലെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനാണ് ആ വിശ്വാസം നഷ്ടപ്പെടാതെ ദൈവത്തിൽ നിരന്തരം ആശ്രയിക്കുക പ്രത്യേകിച്ചും ഇന്നത്തെ പോലെയുള്ള ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പലരുടെയും വിശ്വാസവും സ്നേഹവും തണുത്തു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാം അതാണ് ഈ ഉപമ നമ്മളോട് ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ലൂക്കോസിൻ്റെ സുശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ അതിൻ്റെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് പേരെ പ്രാർത്ഥിക്കാൻ ചെന്നതിനെ കർത്താവ് മറ്റൊരു ഉമ്മ അപ്പോൾ അതിന് ആ തുടക്കത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പിന്നീട് ഇപ്പോൾ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം ഏത് മനോഭാവത്തോടെ പ്രാർത്ഥിക്കണം എന്നുള്ളത് വ്യക്തമാക്കാനായിട്ട് രണ്ട് പേരെക്കുറിച്ച് പറയുന്നു ഈ ദേവാലയത്തിലെ പ്രാർത്ഥിക്കാൻ ചെന്ന ഈ രണ്ട് പേര് ഒരാളൊരു പരീശനും മറ്റേ ആൾ ചുങ്കക്കാരനുമാണ് പരീശൻ ചുങ്കക്കാരൻ രണ്ട് വ്യത്യസ്തരായ ആളുകളെ ചേർത്തുകൊണ്ടാണ് ഇവിടെ ഈ ഉപമ പറയുന്നത് നമ്മൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ പല നിലയിലുള്ള തരത്തില് ഇതിനെ വിഭജിച്ച് പറയാറുണ്ട് ഇതിനെ പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് പറയാറുണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു പലരുടെ പ്രാർത്ഥനകളെ ചെറിയ തോതിൽ എടുത്തു പറയുന്നു അതുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് പറയാറുണ്ട് ചിലപ്പോൾ മറ്റ് ചിലർ ഇതിനെ ഇന്നിൻ്റെ സുവിശേഷമെന്ന് പറയാറുണ്ട് ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും എന്ന് കർത്താവ് പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഈ വീടിന് രക്ഷ വന്നു കർത്താവ് സക്കായിയോട് പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിന്നോടൊപ്പം പാർക്കേണ്ടതാകുന്നു എന്ന് സക്കാരിയോട് പറഞ്ഞത് അങ്ങനെ ഇന്ന് ഇന്ന് ഇന്ന് എന്നൊക്കെ പലയിടത്തും ആവർത്തിക്കുന്നോണ്ട് അതിനെ ഇന്നിൻ്റെ സുവിശേഷം എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തെ ജോഡികളുടെ സുവിശേഷം എന്ന് പറയാറുണ്ട് ജോഡികളുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തരായ രണ്ട് തരം ആളുകളെ എപ്പോഴും പറയും ഇപ്പോൾ തൂർത്തപുത്രൻ്റെ ഉപമ പറയുമ്പോൾ ആ തൂർത്തപുത്രനുണ്ട് അതിൻ്റെ എതിരായിട്ട് മൂത്തപുത്രനുണ്ട് അല്ലെങ്കിൽ മാർത്തയുടെ കാര്യം പറയുമ്പോൾ മറിയെക്കുറിച്ച് പറയും വലതുവശത്തെ കള്ളൻ്റെയും ഇടതുവശത്തെ കള്ളൻ്റെയും രണ്ട് കള്ളന്മാരുടെ കാര്യം പറയും എന്ന് പറഞ്ഞതുപോലെ വ്യത്യസ്തരായ രണ്ട് മനോഭാവത്തെ പ്രധാനം ചെയ്യുന്ന ഒരു ജോഡിയെക്കുറിച്ച് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഉപമുകളിലൊക്കെ ആവർത്തിക്കുന്നതുകൊണ്ട് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തെ വേദപണ്ഡിതന്മാർ ജോഡികളുടെ സുവിശേഷം എന്നും പറയാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മളിവിടെ ഇപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടിൻ്റെ ഒൻപത് മുതൽ പതിനാല് വരെ പറയുന്നിടത്ത് ഒരു ജോഡിയെ നമുക്ക് കാണാം ആരാണത് ഒന്ന് ഒരു പരീശൻ അതിൻ്റെ നേരെ എതിരായ മനോഭാവമുള്ള മറ്റൊരാൾ ചുങ്കക്കാരൻ അങ്ങനെ ചുങ്കക്കാരനും പരീശനും ആ ഉപമ പ്രശസ്തമായ ഉപമ നമുക്കറിയാം ചുങ്കക്കാരൻ എന്താ ചുങ്കക്കാരൻ ലോകം തന്നെ അന്നായിരുന്ന ആ സമൂഹം തന്നെ അവനെ പാവി എന്ന മുദ്ര കുത്തിയിരുന്നതാണ് ചുങ്കക്കാരും പാവികളും എന്നായിരുന്നു യഹൂദൻ്റെ അന്നത്തെ സംസാര ഭാഷയിലെ ഒരു പ്രയോഗം തന്നെ ചുങ്കക്കാരെ തീർത്തും പാവികളായിട്ട് കണ്ടിരുന്നു കാരണം അവരെ അന്നത്തെ റോമൻ സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആളുകളുടെ അടുത്ത് നിന്ന് അന്യായമായിട്ട് പണം പിരിച്ച് ചുങ്കം കൊടുക്കേണ്ടത് അവർ സർക്കാരിൽ അടച്ചേച്ച് ബാക്കി അവർ സ്വന്തമാക്കുന്ന അങ്ങനെ പാവങ്ങളെ പിഴിഞ്ഞ് ജീവിക്കുന്ന ആ നിലയിലുള്ള ആളുകളായിരുന്നതുകൊണ്ട് യഹൂദർക്കൊട്ടും ഇഷ്ടമില്ലാത്ത ആളുകളായിരുന്നു ഈ ചുങ്കക്കാരൻ അവരെ പാപികളായിട്ട് ആണ് പരാമർശിച്ചിരുന്നത് എന്നാൽ പരീശനോ പരീശനത്തിൻ്റെ നേരെ എതിരാണ് പരീക്ഷനെന്താ എല്ലാം വള്ളി പുള്ളി തെറ്റാതെ ന്യായ പ്രമാണമൊക്കെ അനുസരിക്കുന്നവനാണ് പക്ഷേ ഇവിടെ ഈ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ പാപിയെന്ന് കരുതുന്നത് ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ടത് ലോകമൊക്കെ ഇസ്രായേൽജനമൊക്കെ നീതിമാൻ എന്ന് പറയുന്ന പരീശൻ അവന് ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹവും ലഭിപ്പാ ലഭിക്കാതെ ദേവാലയത്തിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത് ഈ ഉപമയിലെ വ്യക്തമാക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ട ചില പാഠങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം ഇവിടെ ഈ പരീശനെക്കുറിച്ച് പറയുന്നത് എന്താ അവന് വളരെ നീതിമാൻ എന്ന് ഉറച്ചും അവൻ വളരെ സെൽഫ് റൈഷായിരുന്നു താൻ വളരെ നീതിമാനാണെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു കോൺഫിഡൻറ്റായിരുന്നു അങ്ങനെയുള്ളവരായിരിക്കരുതാം അങ്ങനെയുള്ളവരായിരുന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല ഇതാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് പ്രിയപ്പെട്ടവർ നമ്മൾ ഈ ദേവാലയം യഹൂദൻ്റെ ദേവാലയത്തിൽ അവർക്ക് രാവിലെ ഈ യാഗമുണ്ട് വൈകുന്നേരവും യാഗമുണ്ട് ഈ രണ്ട് സന്ദർഭങ്ങളിൽ പ്രാർത്ഥനകളുണ്ട് അതുകൂടാതെ എപ്പോൾ വേണമെങ്കിലും ദേവാലയത്തിൽ ചെന്ന് സ്വകാര്യ പ്രാർത്ഥനകൾ ആളുകൾക്ക് നടത്താം അതുകൊണ്ട് ഈ പരീശനും ചുങ്കക്കാരനും രണ്ടുപേരും ഒരേ സമയത്താണ് ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് പക്ഷേ പരീശനെന്താ ചെയ്തത് പരീശൻ പ്രാർത്ഥനയല്ലായിരുന്നു അവനവനവനെ തന്നെ അഭിനന്ദിച്ച് സംസാരിക്കുകയായിരുന്നു ഞാനെല്ലാം നല്ലതായിട്ട് ചെയ്യുന്നു ഞാൻ മറ്റുള്ള ആളുകളെ പോലെയല്ല ദൈവമെ പിടിച്ചു പറിക്കാർ നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ എൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു എന്നാണ് അവൻ പറഞ്ഞത് നമുക്കും ഈ ഒരു നമ്മുടെ നീതിബോധത്തിലുള്ള വലിയ ഉറപ്പോടെ ദൈവത്തിൻ്റെ ഒരു കരുണയുടെ പക്ഷത്ത് നിൽക്കാതെ ഒരു അവകാശം നല്ലവനാണ് അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞൊരു അവകാശബോധത്തോടെ ഈ പരീശിനെ പോലെ ഒരു സ്വയാഭിനന്ദനത്തിൽ ഒരു നികിളത്തില് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാനായിട്ട് കളിയും പക്ഷെ അങ്ങനെ ചെല്ലരുത് ചെന്നാൽ ആ പരീക്ഷൻ്റെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളാതിരുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനയും കൈക്കൊള്ളാതെ പോകും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കേണ്ടത് ഇവിടെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാ പതിനെട്ടിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലൊക്കെ ഈ പരീശന് പറയുമ്പോൾ അവൻ തന്നെ തന്നെ പൂകഴ്ത്തി പറയുക ഞാൻ ഞാൻ ഞാൻ എന്നാണ് പറയുന്നത് ഞാന് മറ്റാളെപ്പോലല്ല ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കുന്നു ഞാൻ പതാരം കൊടുക്കുന്നു എന്നൊക്കെ അവൻ ഞാൻ ഞാൻ ഞാൻ എന്ന് പറയുന്നു യേശ്യാവിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ലൂസിഫറ് എന്ന ദൂതൻ പിശാലായി തീർന്നതിനെക്കുറിച്ച് വിവരിക്കുമ്പോഴും അവനും എന്താ പറയുന്നത് ഞാൻ ഞാൻ ഞാൻ ഞാന് മേഘോന്നതങ്ങൾക്ക് മുകളിൽ കയറും എന്നൊക്കെ പറഞ്ഞ് തന്നെ തന്നെ ഉയർത്തുന്ന ആ മനോഭാവം ലൂസിഫർ പിശാജായി തീർന്ന അതേ മനോഭാവം തന്നെയാണ് ഈ സ്വയം നീതിക്കാരനായ പരീശനുമുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം നല്ലതായിട്ട് ചെയ്താലും നമ്മൾ ആ നിലയിൽ സ്വന്തം നീതിയിൽ പുകഴുന്നവരായി തീരരുത് എന്നുള്ള കാര്യമാണ് നമ്മളെ ഇവിടെ നിന്നെടുക്കേണ്ടത് കാരണം ഈവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആളുകളുടെ മുൻപാകെ വളരെ മതിപ്പുളവാക്കുന്നതായിരുന്നു അവരെന്താ ഞാൻ പതാരം കൊടുക്കുന്നു രണ്ടു വട്ടം ഉപസിക്കുന്നു എന്നൊക്കെയാണ് അവ പറയുന്നത് പക്ഷേ അതൊക്കെ ആളുകളുടെ മുമ്പാകെ വളരെ മതിപ്പുണ്ടാക്കുന്നതാണ് എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ നേരത്തെ നോക്കിയ പതിനാറാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നോക്കുക ദൈവം എന്തു ചെയ്യുന്നു ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരു താഴ്മയും നിസ്സഹായതയും ഉണ്ടോ എന്നാണ് നോക്കുന്നത് അതിനു പകരം മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുൻപാകെ അറപ്പത്രേ ലൂക്കോസ് പതിനാറ് പതിനഞ്ച് അപ്പൊ മനുഷ്യർ വലുതായിട്ട് കാണുന്നു മനുഷ്യരുടെ നോട്ടത്തിൽ ഈ പരീക്ഷൻ വലിയ ആളാണ് അദ്ദേഹം എല്ലാ ഭംഗിയായിട്ട് ചെയ്യുന്നു പതാരം കൊടുക്കുന്നു ഉപസിക്കുന്നു എല്ലാം നല്ലതായിട്ട് ചെയ്യുന്നു പക്ഷെ മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുൻപാകെ അറപ്പാണ് ദൈവത്തിനത് അത് അബോമിനേഷൻ ആണ് അത് അറപ്പാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ സ്വയനീതി ദൈവത്തിന് അറപ്പാണെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് വേണം ഈ ചുങ്കക്കാരനെ പോലെ ചുങ്കക്കാരനൊന്നും അവനിൽ തന്നെ പുകഴാനൊന്നുമില്ല അവനെന്താ പറയുന്നത് അവൻ വന്ന് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറയുന്നു ഇവിടെ ഇതാ നോക്കുക അവനെ പറയുന്നത് പാപികളിൽ ഒരുവനായേ എന്നോട് കരുണയുണ്ടാകണേ എന്നല്ല അവൻ പറയുന്നത് മറിച്ച് അവൻ എന്താ പറയുന്നത് പാവിയായ എന്നോട് കരുണയുണ്ടാകണമേ അപ്പന അപ്പോൾ അവൻ ആ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിൽക്കുമ്പോൾ അവൻ ഒരാളെ മാത്രമേ പാവിയായിട്ട് കാണാനുള്ളൂ അതാരെയാണ് തന്നെ തന്നെ അല്ലാതെ താൻ പല പാവികളിൽ ഒരു പാപിയാണ് എന്നല്ല പറയുന്നത് ഐ ആം ദ ഉള്ളി സിന്നർ ഐ ആം ദ സിന്നർ പാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന മനോഭാവത്തിലാണ് ചു പരീശനാണെങ്കിൽ ചുറ്റുപാടുമുള്ളവരെ നോക്കി അവരോട് താരതമ്യപ്പെടുത്തി സ്വയം നികളിക്കുമ്പോൾ ഇവിടെ ഇതാ ഈ ചുങ്കക്കാരന് മറ്റെങ്ങോട്ടും നോക്കാനില്ല അവൻ സ്വന്തം മാറത്തടിച്ച് സ്വന്തം പാപത്തെ കണ്ട് ഞാൻ മാത്രമാണ് പാപിയെന്ന് പറഞ്ഞ് അവൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി നമ്മൾ ഇവിടെ എടുക്കേണ്ട ഒരു കാര്യം പ്രാർത്ഥനയുടെ നമ്മുടെ മനോഭാവം എപ്പോഴും മറ്റ് ആളുകളെ വിധിക്കുന്നതാകരുത് നമ്മളെ തന്നെ വിധിക്കുന്നവരായിട്ട് നമ്മുടെ കുറവുകളെ കാണുന്നവരായിട്ട് മറ്റാരോടും താരതമ്യമില്ലാത്തവരായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ പ്രാർത്ഥനയിൽ താഴ്ത്തിയാൽ അതിൻ്റെ പതിനാലാമത്തെ വാക്യം തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും അതേസമയം ഈ പരീക്ഷൻ തന്നെത്താൻ അവൻ താഴ്ത്തപ്പെട്ടു എന്ന് നമ്മൾ കാണും തുടർന്ന് ചിലരെ ശിശുക്കളെ കർത്താവിൻ്റെ അടുക്കൾ കൊണ്ടുവന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ പതിനേഴാമത്തെ വാക്യം പതിനെട്ടിന്റെ പതിനേഴിൽ കർത്താവ് പറയുന്നു ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ ആരും ഒരു അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ലൂക്കോസ് പതിനെട്ട ഇവിടെ ഈ ചുങ്കക്കാരൻ ഒരു ശിശുവിനെ പോലെ അവൻ താഴ്ത്തി അതുകൊണ്ട് അവൻ എന്തു നിസ്സഹായതയോടെ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് സ്വന്തം മാറത്തടിച്ച് അവനൊരു ശിശുവിനെ പോലെ മറ്റെങ്ങ് നോക്കാനില്ലാതെ താന് ആ ദൈവത്തോടെ പ്രാർത്ഥിച്ചു അതുകൊണ്ട് അവിടെ പറയുന്ന ശിശു എന്ന പോലെ കൈക്കൊള്ളുന്നവൻ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കേയുള്ളൂ അതേസമയം ഈ പരീശനോ പരീശനൊരു മുതിർന്ന ആളെപ്പോലെയാണ് മറ്റാളുകളുമായിട്ട് തന്നെ തന്നെ താരതമ്യപ്പെടുത്തി നിഗളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ശിശുവിൻ്റെ മനോഭാവമല്ല ഉള്ളത് അതുകൊണ്ട് അവനെ ദൈവരാജ്യത്തിൽ അവന് പ്രവേശനമില്ല എന്ന കർത്താവ് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ കാര്യത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്തെടുക്കണം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു വിധവയെപ്പോലെ ശിശുവിനെപ്പോലെ നമ്മൾ നിസ്സഹായതയോടെ നമ്മൾ തന്നെ ഒരു പ്രശംസയും മറ്റാരോടും നമ്മളെ തന്നെ താരതമ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ കരുണയുടെ പക്ഷത്ത് മാത്രം നിന്നുകൊണ്ട് ദൈവത്തെ സമീപിച്ചാൽ ദൈവത്താൽ നീരീകരിക്കപ്പെട്ടവരായി നമുക്ക് കടന്നു പോകാനൊക്കും ദൈവത്താൽ ഉയർത്തപ്പെട്ടവരായിട്ട് നമുക്ക് കടന്നു പോകാനായിട്ടൊക്കും ഈ ഒരു മനോഭാവമാണ് നമ്മൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കേണ്ടത് കർത്താവ് ഈ ഉപമയിലൂടെ നമ്മളോട് പറയുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിലെ പ്രാരംഭത്തിൽ നമ്മൾ കണ്ട വിധവയുടെ ഉപമ തുടർന്ന് നമ്മൾ കണ്ട ആ ചുങ്കക്കാരൻ്റെയും ഉപമ ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു സംഭവമാണ് തുടർന്ന് നടക്കുന്നത് അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യം ഗ്ലൂക്കോസ് പതിനെട്ടിൻ്റെ പതിനെട്ട് മുതൽ കർത്താവ് ഈ ഉപമകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പ്രമാണി വന്നിട്ട് നല്ല ഗുരു ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് കർത്താവിനോട് ചോദിക്കുന്നു ഉടനെ കർത്താവ് പറയുന്നു എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് വ്യഭിചാരം ചെയ്യരുത് കുല ചെയ്യരുത് മോഷ്ടിക്കരുത് എന്നിങ്ങനെയൊക്കെയുള്ള കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ഉടനെ ഈ പ്രമാണി അവന് തന്നെത്താനെ ഒന്ന് വിലയിരുത്തിയിട്ട് പറഞ്ഞു ഈ കൽപ്പനകളൊക്കെ ഞാൻ ചെറുപ്പം മുതൽ തന്നെ അനുഷ്ഠിക്കുന്നവനാണ് എന്ന് അവൻ പറയുന്നു ഉടനെ കർത്താവ് അവനെ നോക്കി അവനെ നോക്കി അവനെ നോക്കിയെന്ന് പറയും അവനെ അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു അവനെ നോക്കി എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇതേ സംഭവം തന്നെ മത്തായി എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിനാറ് ഇരുപത്തൊൻപത് മർക്കോസ് പത്തിൻ്റെ പതിനേഴ് മുപ്പത് എന്നിവിടങ്ങളിലൊക്കെ പറയുന്നുണ്ട് അവിടെ കർത്താവ് അവനെ നോക്കിയിട്ട് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേക പദം എടുത്തു പറയുന്നുണ്ട് കർത്താവ് അവനെ സ്നേഹിച്ചു നോക്കി അവനെ സ്നേഹിച്ചുകൊണ്ടാണ് തുടർന്നുള്ള അവൻ്റെ ഒരു കുറവിലേക്ക് വരൽ കർത്താവിയുടെ എന്താ പറയുന്നത് അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ട് അത് കേട്ടിട്ട് യേശു ഇനി ഒരു കുറവ് നിനക്കുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവന് എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതി ദുഃഖിതനായി തീർന്നു യേശു കണ്ടിട്ട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം ധനവാന് ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചികുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു തുടർന്ന് ഇങ്ങനെയാണെങ്കിൽ ആർക്കാണ് രക്ഷിക്കപ്പെടാൻ കഴിയുക മനുഷ്യരാൽ അസാധ്യം പക്ഷേ ദൈവത്താൽ സാധ്യം എന്ന് പറഞ്ഞു പത്രോസ ഉടനെ കർത്താവ് ഞങ്ങളിതെല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നൊക്കെയുള്ളത് എന്ന മട്ടിൽ പത്രോസ സംസാരിക്കുന്നു യേശു അതിന് മറുപടിയായിട്ട് ഈ കാലത്തിൽ തന്നെ പല വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും നിങ്ങൾ പ്രാപിക്കും എന്ന് പറഞ്ഞ് അതിൻ്റെ മുപ്പതാമത്തെ വചനത്തോടെ ആ ഒരു സംഭവം അവസാനിപ്പിക്കുകയാണ് നമ്മൾ നേരത്തെ ചിന്തിച്ച ആ വിധവയുടെ പ്രാർത്ഥന സംബന്ധിച്ചുള്ള ഉപമ അല്ലെങ്കിൽ ചുങ്കക്കാരൻ്റെയും പരീക്ഷൻ്റെയും ഉപമ ഇത് ഇതിന് രണ്ടും പ്രധാനം ചെയ്യുന്ന കർത്താവ് മുന്നോട്ട് വെച്ച് അതേ മനോഭാവത്തോടെ ചേർന്നു അതേ കാര്യത്തെ തന്നെ ഊന്നിപ്പറയുന്ന ഒരു യഥാർത്ഥ സംഭവമാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ പരശിശുശ്രൂഷയിൽ ഇവിടെ നടക്കുന്നത് ഇവിടെ എന്താണ് കാണുന്നത് നമുക്ക് ആ ആ ഭാഗം വളരെ വേഗത്തിൽ നമുക്ക് നോക്കി നമുക്ക് ആ കർത്താവ് ഉദ്ദേശിച്ച കാര്യം എന്താണ് എന്ന് പരിശോധിക്കാം ഇവിടെ അതിൻ്റെ അതിന് പ്രമാണി വന്നിട്ട് ഗുരു നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അവൻ തീർച്ചയായിട്ടും നിത്യജീവൻ കൊടുക്കുന്നത് കർത്താവാണ് കർത്താവിൻ്റെ അടുക്കൽ തന്നെ അവൻ വന്നത് നല്ലതാണ് ഉടനെ കർത്താവ് അതിന് മറുപടിയായിട്ട് എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്തിന് ദൈവം ഒരുവൻ അല്ലാതെ നല്ലവനാരും ഇല്ല എന്ന് കർത്താവ് പറഞ്ഞു ഈ വാക്യം അമിതകൃത്തിപ്പുകാരായ പലരുമെടുത്ത് ഇന്ന് ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ ദൈവമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ നല്ലവനെന്ന് പറയുന്ന എന്തിന് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്നുള്ള ഈ വാക്യത്തെ അങ്ങനെ എടുത്ത് ഇന്ന് പലരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ നമ്മൾ ഈ മൊത്തത്തിൽ ഈ സംഭവം നോക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ കർത്താവ് ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ പ്രമാണി കർത്താവിൻ്റെ അടുത്ത് നിത്യജീവനായിട്ട് വന്നപ്പോൾ അവൻ യഥാർത്ഥത്തിൽ കർത്താവിനെ ദൈവമെന്ന് അംഗീകരിപ്പാൻ അവന് മനസ്സുണ്ടോ എന്ന കാര്യത്തിലേക്ക് ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് കർത്താവ് അവൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കാൻ വേണ്ടിയാണ് എന്നെ നല്ലവനെന്ന് പറയുന്നതിന് ദൈവം ഒരുവനല്ലാതെ നല്ലവനാരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ യഥാർത്ഥത്തിൽ കർത്താവിനെ ദൈവമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ഉടനെ പറയുമായിരുന്നു കർത്താവേ ദൈവമായ നിൻ്റെ അടുത്തല്ലാതെ ഞാൻ പിന്നെ അടുത്താണ് ചെല്ലേണ്ടത് ഊന്നി പറയുമായിരുന്നു അത് പറയുമോ എന്നുള്ളത് ആ ആവശ്യകതയിലേക്ക് അവനെ നടത്താൻ വേണ്ടിയാണ് കർത്താവ് ഈ നിലയിൽ പറഞ്ഞത് എന്ന് നമുക്കവിടെ നിന്ന് ഊഹിക്കാം തുടർന്ന് കർത്താവ് എന്താ പറയുന്നത് തുടർന്ന് കർത്താവ് പല ന്യായ പല കൽപ്പനകൾ പറയുക ഈ കൽപ്പനകളെന്ന് പറയുമ്പോൾ നമ്മൾ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള പത്ത് കൽപ്പനകളിൽ ആദ്യത്തെ നിലയിൽ നാല് കൽപ്പനകൾ നമുക്കറിയാമല്ലോ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള കൽപ്പനകളാണ് ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് നിൻ്റെ ദൈവമായഹയുടെ നാമം വൃഥ എടുക്കരുത് ശബത്തിനാളിനെ ഓർക്കുക ഈ നാല് കാര്യങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാൽ ഇവിടെ കർത്താവ് എടുത്ത് ഉദ്ധരിക്കുന്നത് ആ നാല് ദൈവവുമായി ബന്ധപ്പെട്ട കൽപ്പനകളെ അല്ല ഉദ്ധരിക്കുന്നത് മറിച്ച് എന്താണ് മറിച്ച് നമ്മളും സഹജീവികളും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ട ആ കല്പനകൾ ഒടുവിലത്തെ ആറ് എണ്ണം അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം ഇതിലെ പത്താമത്തേത് കർത്താവ് എടുത്തു പറയുന്നില്ല ബാക്കി അഞ്ചെണ്ണം കർത്താവ് അവിടെ എടുത്ത് ഉദ്ധരിക്കുക എന്തൊക്കെയാണ് കുല ചെയ്യരുത് വിഭചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് അപ്പനെയും അമ്മയും ഇത് മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കാണിക്കുന്നതാണ് ഈ കൽപ്പനകൾ കർത്താവ് എടുത്ത് പറയുകയാണ് എന്ന് പറഞ്ഞാൽ നീ ഈ കാര്യങ്ങളൊക്കെ ഈ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് കർത്താവ് പറയുന്നു എന്തുകൊണ്ടാണ് കർത്താവ് ഇവിടെ കൽപ്പനകളിലേക്ക് അവൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് കൽപ്പനകൾ ആചരിച്ചാൽ അവൻ രക്ഷ സാധിക്കും എന്ന് പറഞ്ഞാണോ അല്ല കൽപ്പനകൾ ആചരിച്ചാൽ രക്ഷ സാധിക്കുമെന്നല്ല മറിച്ച് ആ മനുഷ്യനൊരു പാപബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് കർത്താവ് ഈ കൽപ്പനകളെ എടുത്ത് പറഞ്ഞത് ഈ കൽപ്പനകൾ ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഈ കൽപ്പനകൾ വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് അപ്പനെയും അമ്മയും ഇതൊക്കെ എടുത്ത് പറഞ്ഞപ്പോൾ അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് ചെന്നിട്ട് അയ്യോ എനിക്ക് ഇതൊക്കെ വേണ്ടതുപോലെ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ എനിക്ക് പാലിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയില്ലാതെ എനിക്ക് കഴിയുകയില്ല എന്നിൽ എന്നെ കൊണ്ട് ഇത് അസാധ്യമാണ് എന്നുള്ള ആ നിസ്സഹായതയിലേക്ക് അവനെ എത്തിക്കാൻ വേണ്ടിയാണ് കർത്താവീ കല്പനകൾ എടുത്തു പറഞ്ഞത് അപ്പോൾ അവന് എന്ത് പറയുന്നു അവന് നേരത്തെയുള്ള നമ്മൾ കണ്ട ഉപമയിലെ പരീക്ഷനെ പോലെ ഇവിടെ ഈ പ്രമാണിയും എന്ത് പറയുന്നു അവൻ പറയുന്നു ഞാൻ ചെറുപ്പം മുതലേ ഇതെല്ലാം കാത്തുകൊള്ളുന്നു എന്നവനെ വളരെ ബ്ലണ്ടായിട്ട് അങ്ങ് പറയുകയാണ് കർത്താവ് ഉദ്ദേശിച്ചത് അവന് മനസ്സിലായില്ല ആ കർത്താവേ ഇതൊക്കെ ശരിയാണ് എനിക്കിതൊന്നും വേണ്ടതുപോലെ ചെയ്യാനായിട്ട് ഒക്കുന്നില്ല എന്ന് തന്നെയല്ല നീ പറയാതെ വിട്ട് പത്താമത്തെ കല്പനയുണ്ടല്ലോ അതെന്താ മോഹിക്കരുത് എന്നുള്ള കല്പന ആ മോഹം എൻ്റെ അടുത്ത് എന്നിലുണ്ട് എന്നിലുണ്ട് കാരണം ഞാൻ അവൻ എന്ത് ചെയ്തു അവൻ വലിയ ധനവാനായതുകൊണ്ട് ഈ അവൻ്റെ വി സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞത് അവനെടുക്കാൻ പറ്റിയില്ല അപ്പം ധനത്തോട് അവന് മോഹമുണ്ടായിരുന്നു മോഹിക്കരുത് എന്ന പത്താമത്തെ കല്പന അത് കർത്താവ് ബോധപൂർവ്വം പറയാതെ വിട്ടുകളഞ്ഞു പക്ഷെ അവനാ പത്താമത് ഒമ്പത് കല്പന കഴിഞ്ഞ് പത്താമത്തെ കല്പനയിലേക്കൂടെ ഇതെല്ലാം ന്യായ പ്രമാണം അരച്ചു കലക്കി ഇവൻ വന്നിട്ട് അയ്യോ കർത്താവ് ശരിയാണ് ഞാനിതെല്ലാം ചെറുപ്പം മുതലേ പാലിക്കുന്നു പക്ഷേ പത്താമത്തെ കല്പന മോഹിക്കരുത് എന്ന കല്പന എനിക്ക് പാലിക്കാൻ കഴിയുന്നില്ല എനിക്ക് ധനത്തോട് ഇപ്പോഴും മോഹമുണ്ട് എന്നവൻ സമ്മതിച്ച് അവനൊരു നിസ്സഹായതയിൽ കർത്താവിനെ തന്നെ ശരണപ്പെടണമായിരുന്നു അതവന് കഴിഞ്ഞില്ല അവനെ കഴിയാതെ അവൻ എന്താ നീ നിൻ്റെ സ്വത്തെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാ എന്ന് പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയാതെ അവന് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇതാ കർത്താവ് പറയുന്നു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ അസാധ്യമായ കാര്യമാണ് എന്നാ പറയുന്നു അതിൻ്റെ അർത്ഥം ധനവാന്മാരാരും സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ആളുകൾ ആരും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ലെന്നാണോ അതായത് ഇവൻ്റെ പ്രശ്നം ഇവന് ധനമുണ്ടായിരുന്നു എന്നുള്ളതല്ല ധനത്തോട് അവന് മോഹമുണ്ടായിരുന്നു ആശയം ഉണ്ടായിരുന്നു അത് വിട്ടുപിരിയാന് അവൻ തയ്യാറില്ലായിരുന്നു ധനം ഉപയോഗിക്കുന്നതൊന്ന് ധനത്തോടുള്ള മോ മോഹം മറ്റൊരു കാര്യം പ്രിയപ്പെട്ടവരെ ധനസ്നേഹത്തിൽ നിന്ന് മാമോനോടുള്ള പ്രിയത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള മോഹം കാണുമ്പോൾ നമ്മൾ ദൈവത്തെ തന്നെ ശരണം പ്രാപിക്കുക കർത്താവെ എനിക്കങ്ങനെ ഉണ്ട് എന്നെ സഹായിക്കണമെന്ന് പറയുക കാര്യം ആ മോഹവും കൂടെ വെച്ച് കർത്താവിനൊപ്പം പണത്തെയും കൂടെ സ്നേഹിച്ച് ഒരുവന് ദൈവരാജ്യത്തിൽ കിടക്കാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് കർത്താവെ എന്നെ നിന്ന് അത് നീക്കിത്തരണേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയാണ് വേണ്ടത് ഇവനത് ചെയ്തില്ല ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുക ഇവിടെ ഇതാ ഇതേ സംഭവം തന്നെ മത്തായിയും മർക്കോസും പറയുന്നതിൽ നിന്ന് ഇവിടെ സൂചിക്കുഴ എന്ന ലൂക്കോസ് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് സൂചിക്കുഴ എന്ന് പറയുമ്പം സർജൻ്റെ നീടിലാണ് അതായത് ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെ സൂചിയുടെ കുഴയെയാണ് ഇവിടെ വൈദ്യനായ ലൂക്കോസ് അതിന് തുല്യമായ എബ്രായപഥമാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് മത്തായിയും മർക്കോസും കേവലം സൂചിക്കുഴ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ സൂചിക്കുഴ എന്ന് പറയുന്നത് എരിശിലെയും നഗരത്തിലേക്ക് കടക്കാനുള്ള വളരെ ഇടുങ്ങിയ വാതലാണ് എന്നൊക്കെ ചിലർ വ്യാഖ്യാനിച്ച് ഒട്ടകം തന്നെ തന്നെ കിടന്ന് അതിൻ്റെ പുറത്തുള്ള കെട്ടുകൾ ഇറക്കി വെച്ചാൽ കഷ്ടിച്ച് കടന്നുകൂടാ എന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷേ ഇവിടെ വൈദ്യനായ ലൂക്കോസ് ഇത് ശസ്ത്രക്രിയാ വിദഗ്ധനായ ഒരാളുടെ സൂചിയുടെ സൂചിക്കുഴയാണ് അതിലൂടെ ഒട്ടകത്തിന് കടക്കാൻ കഴിയുകയില്ല ഓ മാമോനോടുള്ള പ്രിയം കൊണ്ട് തീർച്ചയായിട്ടും കഷ്ടപ്പെട്ട് പോലും ഒരുത്തന് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല എന്ന് വളരെ ഗൗരവത്തോടെ പറഞ്ഞേക്കുന്നു എന്ന് ഈ വാക്ക് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചേക്കുന്നത് എടുത്ത് അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെയും നമുക്കിതിൽ നിന്നെടുക്കാവുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കണ്ടാൽ നമ്മളെന്ത് വേണം ദൈവത്തിൽ ശരണപ്പെടണം അപ്പോൾ ദൈവം എന്തു ചെയ്യും നമ്മളെ കൊണ്ട് ഇത് ഈ മാമോനോടുള്ള പ്രിയം മാമോനോടുള്ള പ്രിയം മാത്രമല്ല സമ്പത്ത് നമ്മുടെ സൗന്ദര്യം നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുലമഹിമ ഇതെല്ലാം ആളുകളുടെ സമ്പത്താണ് ഇതിനോടൊക്കെയുള്ള പ്രിയം ദൈവത്തിന് സത്യത്തിൽ എന്താ നമ്മൾ ലൂക്കോസ് പതിനാറ് പതിനഞ്ചിൽ കണ്ടതുപോലെ മനുഷ്യന് മുമ്പാകെ ഉന്നതമായത് ദൈവത്തിന് അറപ്പാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മൾ പുകഴുന്ന നമ്മുടെ ധനത്തിൽ നമുക്കിപ്പോഴും പ്രിയമുണ്ടെന്ന് കണ്ടാൽ അതിൽ നിന്ന് മാറാനായിട്ട് എനിക്ക് കഴിയുന്നില്ല എന്ന് കണ്ടാൽ ദൈവത്തെ തന്നെ ശരണപ്പെടുക ദൈവം എന്തു ചെയ്തു തരും ദൈവം നമ്മളെ കൊണ്ട് അസാധ്യമായ കാര്യം ദൈവം സാധിപ്പിച്ചു തരും ഇരുപത്തേഴാമത്തെ വാക്യം മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു അപ്പോഴൊരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നമ്മുടെ ഒരു തീരുമാനത്തിൻ്റെ ശക്തി കൊണ്ട് കഴിയേയില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ സത്യസന്ധരാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ദൈവ ദൈവമാണ് എന്നെ സഹായിച്ചത് എനിക്ക് ഈ നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞ് സകല മഹത്വവും നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിന് മാത്രമേ കൊടുക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ തന്നെ പുകഴുന്ന ഒരു മനോഭാവം അത് ഉണ്ടാവുകയില്ല ഈ ധനവാനെ അതിലേക്ക് നടത്താൻ യഥാർത്ഥ താഴ്മയിലേക്ക് നടത്താൻ ദൈവം പക്ഷേ അവന് സമ്പത്തുള്ളവനാകിയാൽ അവൻ തന്നെത്താൻ താഴ്ത്താൻ കഴിയാഞ്ഞതിനാൽ അവൻ ദുഃഖത്തോടെ വിട്ടുപോയി നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകരുത് നമുക്ക് നമ്മുടെ കുറവുകളെ കാണുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലാം കർത്താവെന്തു ചെയ്യും നമ്മെക്കൊണ്ട് അസാധ്യമായത് കർത്താവ് ചെയ്തു നമ്മളെ വിജയകരമായി മുന്നോട്ട് നടത്തും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ